അവർ ഏതെങ്കിലും കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിലേക്ക് തിടുക്കപ്പെട്ടു പോവുകയും നിങ്ങളെ എഴുന്നേറ്റു നിൽക്കുന്ന അവസ്ഥയിൽ വിടുകയും ചെയ്യുന്നു പറയുക വിനോദത്തേക്കാളും കച്ചവടത്തേക്കാളും ഉത്തമമായത് അല്ലാഹുസുബഹാനഹൂവത്ത ആലാവിങ്കിലുള്ളതാണ് അള്ളാഹുസുബഹാനഹൂവത്ത ആല ഏറ്റവും ഉത്തമനായ ഉപജീവിതാദാതാവാകുന്നു